ും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ തങ്ങളവറികളെ മറ്റു നേതാക്കളെ സഹോദരന്മാരെ ഈ ഗുജറാത്തി പരിസരം ഒരു പ്രസിദ്ധമായ പരിസരമായി തുടങ്ങിയിരിക്കുകയാണ് പലപ്പോഴും നമ്മളിങ്ങനെ ഒത്തുകൂടുന്നത് കൊണ്ട് എല്ലാവരും ഗുജറാത്തി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഒരു ഗുജറാത്ത് പോലെ തന്നെ അങ്ങനെയാണല്ലോ ഗുജറാത്തിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാണെന്ന് തോന്നുകയാണ് ഏതായിരുന്നാലും നമ്മളുടെ ഈ ആവേശവും പ്രവർത്തനവും ഒക്കെ ദീനിനു വേണ്ടിയാണ് മഹാന്മാര സാധാത്തുക്കളും ഉലമാക്കളും നേത്രം നേതൃത്വത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചു ഇതല്ലാത്ത മറ്റൊരു മാർഗം നമുക്ക് കാണാനില്ല ഒരു നല്ലതിൻ്റെ മാർഗം വേറെ ലോകത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഭാഗ്യവാന്മാരാണ് ഈ ഗണത്തിൽ പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നു എന്നത് ഇത് കാത്തുസൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് തിന്മകൾ ലോകാവസാനം അടുപ്പിച്ചുകൊണ്ട് അധികരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വസ്തുതയാണ് നമ്മൾ അംഗീകരിക്കുന്ന കാര്യം ലോകത്ത് നോക്കിയാൽ തിന്മകളാണ് അധികം നമ്മുടെ നന്മകളൊക്കെ എടുത്തുപോയിക്കൊണ്ടിരിക്കുന്നത് വീഡിയകളും പത്രങ്ങളൊക്കെ തന്നെയും തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഒരു പക്ഷേ അവരുടെ കാഴ്ചപ്പാടിൽ അത് നന്മയായി തോന്നുന്നു കൊണ്ടായിരിക്കാം ഏതായിരുന്നാലും നന്മക്കും തിന്മക്കും അടിസ്ഥാനപരമായ നിർവചനങ്ങളുണ്ടല്ലോ ആ നിർവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ തിന്മകൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നു ഏത് പത്രം ഏത് ചാനലുകൾ അവതരിപ്പിച്ചാലും വേണ്ടില്ല ഇതേപോലെ തന്നെ പണ്ഡിത പണ്ഡിത സംഘടനകൾ എന്ന പേരിൽ രംഗത്ത് വരുന്നവരൊക്കെ തന്നെ തിന്മയുടെ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തിന്മ തിന്മയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒത്തുകൂടിക്കൊണ്ട് ഏകോപിച്ചുകൊണ്ട് കള്ളം പറയാനുള്ള തീരുമാനത്തിനും മുഷാവറ എന്നാ പേര് അതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വിചിത്രമായത് സമസ്ത കേരള മുഷാവറ കൂടാറുണ്ട് അവർ കൂടിയാൽ ഈ ലോകത്ത് എന്താണോ വേണ്ട നല്ല കാര്യങ്ങളെങ്കിൽ അത് തീരുമാനിച്ച് ജനങ്ങൾ അറിയിക്കും അതിന് നമ്മൾ മുഷാവറിന്റെ തീരുമാനമെന്ന് പറഞ്ഞ് തല തലയിൽ അത് നടക്കാറുണ്ട് അതൊരു ബഹുമാനത്തോടുകൂടെ ഇന്ന് എല്ലാവരും ചില ആളുകളൊക്കെ കള കളവ് കളവാണെന്ന് മനസ്സിലാക്കി പുറത്തേക്ക് പോരാൻ പുറപ്പെട്ടാൽ തിരിച്ചുവിടാതെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വേണ്ടതൊക്കെ കൈകാര്യം ചെയ്യുന്ന രൂപത്തിൽ ചെയ്ത് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇത് സത്യമാണെന്ന് പറയണം എന്ന് തീരുമാനിക്കുന്ന മുഷാവറ നമ്മുടെ ഇടയിലുണ്ട് പിന്നെ നമുക്ക് നന്മയുടെയും തിന്മയുടെയും പാതകൾ മനസ്സിലാക്കാൻ മറ്റൊരു മാർഗവുമില്ല മഹാന്മാരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ അവരൊക്കെ എവിടെയാണെന്ന് നോക്കുക ആ നോക്കിക്കൊണ്ട് ആ പാതയിൽ തന്നെ അടിയുറച്ചി നിൽക്കുക ഇതാണ് നമുക്ക് പല ഭീഷണികളും ഉണ്ടാവും സത്യത്തിന്റെ ആളുകൾക്ക് ഭീഷണികൾ ഉണ്ടാവും പീഡനങ്ങൾ ഉണ്ടാവും എല്ലാം നേരിടാൻ നമ്മൾ തയ്യാറാവണം ഈശാദ സർക്കാരിന്റെ ഭാഗത്തിൽ നിന്നാവട്ടെ ആരുടെ ഭാഗത്തിൽ നിന്നാവട്ടെ നമുക്ക് ഭീഷണികൾ നേരിടേണ്ടി വന്നാലും നമ്മൾ മുൻജാമികൾ നമുക്ക് ആയുധമായി തന്നിരിക്കുന്ന ഈമാനാണ് നമ്മുടെ ആ ഈമാൻ നമ്മുടെ കൈവശമുള്ള കാലത്തോളം ആരും ആരെയും ഭയപ്പെടേണ്ടതില്ല എന്ന ആ നിബിസഭാൻ തങ്ങളുടെയും കുറാന്റെയും ഒക്കെ പഠനത്തിൽ അധ്യാപനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു താര തോഫിക്ക് ചെയ്യുവാറാവട്ടെ ആസുറുദ്ദേഗവാൻ അലിമില്ലാ അലിഞ്ഞിൻ എല്ലാ ആശംസകളും നിറഞ്ഞു വന്നു അസലം